എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരൂ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ അബീരാ പേലത്തിന്റെ മകനായ ഓൻ എന്നിവ ഇസ്രയേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ ൂറ്റൻപത് പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം അവരോട് മതി മതി സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു യഹോവ അവരുടെ മധ്യേ ഉണ്ട് പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്കുമീതെ നിങ്ങളെത്തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോശ കവന്ന് വീണു അവൻ കോരഹിനോടും അവന്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത് നാളെ രാവിലെ യഹോവാ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും കോരഹും അവന്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ നിങ്ങൾ ഇത് ചെയ്യും ധൂപകലശമെടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവിൽ യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ ലവിപുത്രന്മാരെ മതി മതി പിന്നെ മോശ കോരഹനോട് പറഞ്ഞത് ലവിപുത്രന്മാരെ കേൾപ്പിൽ യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രയേലിന്റെ ദൈവം നിങ്ങളെ തന്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രയേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ അവൻ നിന്നെയും ലേവിപുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ നിങ്ങൾ പൌരോഹിത്യം കൂടെ കാക്ഷിക്കുന്നുവോ ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാർക്കെയും യഹോബയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു നിങ്ങൾ അഹ്റോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ പിന്നെ മോശ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാനേയും അബിരാമനെയും വിളിപ്പാൻ ആളയച്ചു അതിനവർ ഞങ്ങൾ വരികയില്ല മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയും അത്രയുമല്ല നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരികയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല നീ ഇവരുടെ കണ്ണ് ചുഴന്ന് കളയുമോ ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു അപ്പോൾ മോശ ഏറ്റവും കോപിച്ച് അവൻ യഹോവയോട് അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ ഞാൻ അവരുടെ നിന്ന് ഒരു കഴുതയെപ്പോലും വാങ്ങിയിട്ടില്ല അവരിൽ ഒരുത്തനോടും ഒരു ദോഷവും ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു മോശ കോരഹിനോട് നീയും നിന്റെ എല്ലാ കൂട്ടവും നാളെ യഹോവയുടെ സന്നിധിയിൽ വരേണ്ട നീയും അവരും അഹ്റോനും കൂടെ തന്നെ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശമെടുത്ത് അവയും ധൂപവർഗമിട്ട് ഓരോരുത്തൻ ൂപകലശമായി ഇരുന്നൂറ്റൻപത് കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുകയും നീയും അഹരൂനും കൂടെ താന്താന്റെ ധൂപകലശവുമായി വരണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശമെടുത്ത് തീയിട്ട് അതിൽ ധൂപവർഗവുമിട്ട് മോശയെയും അഹരൂനുമായി സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ നിന്നു കോരഹ് അവർക്കു വിരോധമായി സർവസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ കൂട്ടി വരുത്തി അപ്പോൾ യഹോവയുടെ തേജസ് സർവസഭയ്ക്കും പ്രത്യക്ഷമായി യഹോവ മോശയോടും അഹരോനോടും ഈ സഭയുടെ മധ്യ നിന്ന് മാറിപ്പോകുകയും ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു അപ്പോൾ അവർ കവണ്ണുവീണു സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു അതിന് യഹോവ മോശയോട് കോരഹ ദാഥാൻ അബീരാ എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിക്കൊള്ളുവീൻ എന്ന് സഭയോട് പറകാം എന്ന് കൽപ്പിച്ചു മോശ എഴുന്നേറ്റു ദാഥാന്റെയും അബിരാമിന്റെയും അടുക്കൽ ചെന്നു ഇസ്രയേൽ മൂപ്പന്മാരും അവന്റെ പിന്നാലെ ചെന്നു അവൻ സഭയോട് ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവെങ്കിൽ അവർക്കുള്ള യാതൊന്നിനെയും തൊടരുത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ കോര ദാധാ അബിരാം എന്നവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി എന്നാൽ ദാധാനും അബിരാമും പുറത്തുവന്നു അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കുടാരവാതുക്കൾ നിന്നു അപ്പോൾ മോശ പറഞ്ഞത് ഈ സകല പ്രവർത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാലറിയും സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല എന്നാൽ യഹോവ ഒരു അപൂർവകാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ്പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങളറി അവനീ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു ഭൂമി വായ് തുറന്നു അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി ഭൂമി അവരുടെ മേൽ അടുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു അവരുടെ ചുറ്റും ഇരുന്ന് ഇസ്രയേലിലൊക്കെയും അവരുടെ നിലവിളി കേട്ടു ഭൂമി നമ്മയും വിഴിഞ്ഞിക്കളയരുതേ എന്നു പറഞ്ഞ് ഓടിപ്പോയി അപ്പോൾ യഹോവെങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ ഇരുന്നൂറ്റൻപത് പേരെയും ദഹിപ്പിച്ചു യഹോവ മോശയോട് അരുളി ചെയ്തത് പുരോഹിതനായ അഹ്രുവിന്റെ മകൻ എലയാസാരനോട് അവൻ എരുത്തിയുടെ ഇടയിൽ നിന്ന് ധൂപകലശങ്ങൾ എടുപ്പാൻ പറക അവ വിശുദ്ധമാകുന്നു തീ അങ്ങോട്ട് തട്ടിക്കളയുകയും ചെയ്യുക പാപം ചെയ്ത് തങ്ങൾക്ക് ജീവനാശം വരുത്തിയ ഇവരുടെ ധൂപകലശങ്ങൾ യാഗപീഠം പൊതുവാൻ അടിച്ചു തകിടാക്കണം അത് യഹോവയുടെ സന്നദ്ധിയിൽ കൊണ്ടുവന്നതിനാ വിശുദ്ധമാകുന്നു ഇസ്രയേൽ മക്കൾക്ക് അത് ഒരു അടയാളമായിരിക്കട്ടെ വെന്തുപോയവർ ധൂപം കാട്ടിയ താമ്രകലശങ്ങൾ പുരോഹിതനായ എലയാസാറെടുത്ത് അഹരോന്റെ സന്തതി അല്ലാത്ത യാതൊരു യഹോവയുടെ സന്നിധിയിൽ ധൂപം കാണിപ്പാൻ അടുക്കുകയും കോരഹിനെയും അവന്റെ കൂട്ടുകാരെയും പോലെ ആകെയും ചെയ്യാതിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾക്ക് ജാപകമായി അവയെ യാഗപീഠം പൊതിവാൻ തകിടായി അടുപ്പിച്ചു യഹോവ മോശമുഖാന്തരം കൽപ്പിച്ചതുപോലെ തന്നെ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹറോനും വിരോധമായി പെറുപെറുത്തു നിങ്ങൾ ഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ മോശയ്ക്കും അഹരൂനും വിരോധമായി സഭ കൂടിയപ്പോൾ അവർ സമാഗമന കൂടാരത്തിന്റെ നേരെ നോക്കി മേഘം അതിനെ മൂടി യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ടു അപ്പോൾ മോശയും അഹരൂനും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ചെന്നു യഹോവ മോശയോട് ഈ സഭയുടെ മധ്യ നിന്ന് മാറിപ്പോകുവേ ഞാനവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് അരുളിച്ചേതു അപ്പോൾ അവർ കവിണ് വീണു മോശ അഹരോനോട് നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീ ഇട്ട് ധൂപവർഗവും ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്തു സഭയുടെ നടുവിലേക്ക് ഓടി ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു ധൂപം കാട്ടി ജനത്തിനുവേണ്ടി പ്രായച്ചിത്തം കഴിച്ചു മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങിയി കോരഹിന്റെ സംഗതിവശാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ പതിനാലായിരത്തി എഴുന്നൂറ് പേർ ആയിരുന്നു പിന്നെ അവരോ സമാഗമന കുടാരത്തിന്റെ വാതുക്കൽ മോശയുടെ അടുക്കൽ മടങ്ങിവന്നു അങ്ങനെ ബാധ നിന്നുപോയി